ഭൂമിയിലുള്ള ഒരു ജീവിയോ രണ്ട് ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന ഒരു പക്ഷിയോ ഇല്ല അവരും നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങളാണ് ഗ്രന്ഥത്തിൽ നിന്ന് യാതൊന്നും ഞങ്ങൾ വിട്ടുപോയിട്ടില്ല പിന്നീടവർ തങ്ങളുടെ രക്ഷിതാവിങ്കിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും